അപ്പോൾ അവരിൽ ഒരാൾ ലജ്ജയോടെ നടന്നുവെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വെള്ളം നൽകിയതിൻറെ പ്രതിഫലം നൽകാൻ എന്റെ പിതാവ് നിങ്ങളെ ക്ഷണിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻറെ അടുക്കൽ വരികയും തൻറെ കഥ വിവരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ ഭയപ്പെടേണ്ട അക്രമികളായ ആ ജനതയിൽ നിന്ന് നീ രക്ഷപ്പെട്ടിരിക്കുന്നു